തീർച്ചയായും സമൂദ് ജനതയിലേക്ക് അവരുടെ സഹോദരനായ സ്വാലിഹ അലിഹിസ്ലാമിനെ ഞങ്ങൾ അയച്ചു നിങ്ങൾ അള്ളാഹു സുബാനഹു വഹാലയെ ആരാധിക്കൂ എന്ന അദ്ദേഹം പറഞ്ഞു എന്നാൽ അവർ തർക്കിക്കുന്ന രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞു